ം നൂറ്റി നാൽപ്പത്തി രണ്ട് ദാവീദിന്റെ ഒരു ധ്യാനം അവൻ ഗുഹയിൽ ആയിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന ഞാൻ യഹോബയോട് ഉറക്കെ നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോബയോട് യാചിക്കുന്നു അവന്റെ സന്നദ്ധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ചുവെച്ചിരിക്കുന്നു വലത്തോട്ടു നോക്കി കാണണമേ എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ ശരണം എനിക്ക് പൊയ്പ്പോയിരിക്കുന്നു എന്റെ പ്രാണനുവേണ്ടി ആരും കരുതുന്നില്ല യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും എന്ന് ഞാൻ പറഞ്ഞു എന്റെ നിലവിളിക്ക് ചെവി തരേണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കൈയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും